ഞങ്ങൾ പല നാട്ടുകാരാണ് ലിസൺ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഴുവൻ പേരെന്താണ് സംസ്ഥാനോ അതെ ഭാരതീയ ഭാഷകളുടെ കേന്ദ്ര സ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ നിങ്ങളും മലയാളിയാണോ അല്ല மலையாள வித்தார் எஹு என் ஒறியான மலையாளியான மாதவன் நலையாளம் சார் ஏது நாட்ட அது நாடு திருவனந்தபுரம் பற்றே அது பாரிய ஆசாம் கரியம் അവരൊരു കലാകാരിയാണ് ഞങ്ങളുടെ സാർ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം കഥാകൃത്താണോ അല്ല പ്രസിദ്ധ നിരൂപകനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കൃതിയാണ് ഇന്നലെ ഇന്ന് നാളെ നിങ്ങളുടെ സഹപാഠികളോ ഞങ്ങൾ പല ഞാൻ ഒറീസക്കാരൻ എൻ്റെ കൂട്ടുകാർ മഹാരാഷ്ട്രക്കാരും പഞ്ചാബികളും ഗുജറാത്തികളും ആന്ധ്രക്കാരുമാണ് നൗ ലിസൺ ആൻഡ് റിപ്പീറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഴുവൻ പേരെന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഴുവൻ പേരെന്താണ് ഭാരതീയ ഭാഷാ സംസ്ഥാൻ ഭാരതീയ ഭാഷാ സംസ്ഥാൻ സംസ്ഥാനോ സംസ്ഥാനോ അതെ ഭാരതീയ ഭാഷകളുടെ കേന്ദ്രസ്ഥാപനം എന്നാണതിൻ്റെ അർത്ഥം അതെ ഭാരതീയ ഭാഷകളുടെ കേന്ദ്ര സ്ഥാപനം എന്നാണതിന്റെ അർത്ഥം അപ്പോൾ നിങ്ങളും മലയാളിയാണോ അപ്പോൾ നിങ്ങളും മലയാളിയാണോ അല്ല ഞാൻ മലയാളിയല്ല ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് അല്ല ഞാൻ മലയാളിയല്ല ഞാൻ മലയാളം വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് സാഹു എന്നാണ് എൻ്റെ പേര് സാഹു എന്നാണ് ഞാൻ ഒരു ഒറിയയാണ് ഞാൻ ഒരു ഒറിയയാണ് மலையாளன மலையாளம் சார் ஏது நாட்டகாரன அது நாடு திருவனந்தபுரம் ஆனால் അദ്ദേഹത്തിന്റെ നാട് തിരുവനന്തപുരമാണ് പക്ഷേ അദ്ദേഹത്തിൻറെ ഭാര്യ ആസാംകാരിയാണ് പക്ഷേ അദ്ദേഹത്തിൻറെ ഭാര്യ ആസാംകാരിയാണ് അവരൊരു കലാകാരിയാണ് അവരൊരു കലാകാരിയാണ് ഞങ്ങളുടെ സാർ ഒരു സാഹിത്യകാരനും ഞങ്ങളുടെ സാർ ഒരു സാഹിത്യകാരനും അദ്ദേഹം കഥാകൃത്താണോ അദ്ദേഹം കഥാകൃത്താണോ അല്ല പ്രസിദ്ധ നിരൂപകനാണ് അല്ല പ്രസിദ്ധ നിരൂപകനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കൃതിയാണ് ഇന്നലെ ഇന്ന് നാളെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കൃതിയാണ് ഇന്നലെ ഇന്ന് നാളെ നിങ്ങളുടെ സഹപാഠികളോ നിങ്ങളുടെ സഹപാഠികളോ ഞങ്ങൾ പല ഞാൻ ഒറീസക്കാരൻ ഞങ്ങൾ പല നാട്ടുകാരാണ് ഞാൻ ഒറീസക്കാരൻ എൻറെ കൂട്ടുകാർ മഹാരാഷ്ട്രക്കാരും പഞ്ചാബികളും ഗുജറാത്തികളും ആന്ധ്രക്കാരുമാണ് എൻ്റെ കൂട്ടുകാർ മഹാരാഷ്ട്രക്കാരും പഞ്ചാബികളും ഗുജറാത്തികളും ആന്ധ്രക്കാരുമാണ്